ധ്യായം ഇരുപത്തി ഒന്ന് ദാവീദിന്റെ കാലത്ത് മൂന്ന് സംവത്സരം തുടരെ തുടരെ ക്ഷാമമുണ്ടായി ദാവീദ് യഹോവയുടെ അരുളപ്പാട് ചോദിച്ചപ്പോൾ ശൌൽ ദിബയോന്യരെ കൊല്ലുക കൊണ്ട് അത് അവൻ നിമിത്തവും രക്തപാതകമുള്ള അവന്റെ ഗ്രഹം നിമിത്തവും എന്ന് യഹോവ അരുളി ചെയ്തു രാജാവ് ഗിബയോന്യരെ വിളിച്ച് അവരോട് പറഞ്ഞത് ഗിബയോന്യർ ഇസ്രയേല്യരല്ല അമൂര്യൽ ശേഷിച്ചവരത്രേ അവരോട് ഇസ്രയേൽ മക്കൾ സത്യം ചെയ്തിരുന്നു എങ്കിലും ഷൌൽ ഇസ്രയേല്യർക്കും യഹൂദ്യർക്കും വേണ്ടി തനിക്കുണ്ടായിരുന്ന എരുവിൽ അവരെ സംഹരിച്ചു കളവാൻ ശ്രമിച്ചു ദാവീദ് ഗിബയോന്യരോട് ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്തു തരേണം നിങ്ങൾ യഹോമയുടെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എന്ത് പ്രതിശാന്തി ചെയ്യണമെന്ന് ചോദിച്ചു ഗിബയോന്യറ അവനോട് ശൌലിനോടും അവന്റെ ഗ്രഹത്തോടും ഞങ്ങൾക്കുള്ള കാര്യം പൊന്നും വെള്ളിയും കൊണ്ട് തീരുന്നതല്ല ഇസ്രയേലിൽ ഒരുത്തനെ കൊല്ലുന്നതും ഞങ്ങൾക്കുള്ളതല്ല എന്നു പറഞ്ഞു നിങ്ങൾ പറയുന്നത് ഞാൻ ചെയ്തു അവൻ പറഞ്ഞു അവർ രാജാവിനോട് ഞങ്ങളെ നശിപ്പിക്കുകയും ഇസ്രയേൽ ദേശത്തെങ്ങും ഞങ്ങൾ ശേഷിക്കാതെ മുടിഞ്ഞു പോകത്തക്കവണ്ണം ഉപായം ചിന്തിക്കുകയും ചെയ്തവന്റെ മക്കളിൽ ഏഴുപേരെ ഞങ്ങൾ കേൾപ്പിച്ചു തരേണം ഞങ്ങളവരെ യഹോവയുടെ വ്രതനായ ശൌലിന്റെ ഗിവയെ യഹോവയ്ക്ക് തൂക്കിക്കളയും എന്നുത്തരം പറഞ്ഞു ഞാൻ അവരെ തരാമെന്ന് രാജാവ് പറഞ്ഞു എന്നാൽ ദാവീദും ശൌലിന്റെ മകനായ യോനാഥാനും തമ്മിൽ യഹോവയുടെ നാമത്തിൽ ചെയ്ത സത്യനിമിത്തം രാജാവ് ഷൌലിന്റെ മകനായ യോനാഥാന്റെ മകൻ മെഫിബോഷ്യത്തിനെ ഒഴിച്ചു അയ്യാവിന്റെ മകൾ റിസ്പ ശൌലിന് പ്രസവിച്ച രണ്ട് പുത്രന്മാരായ അർമോനിയെയും മെഫിബോഷ്യത്തിനെയും ഷൌലിന്റെ മകളായ മീഖൽ മെഹോലാത്യൻ ബെർസില്ലായുടെ മകനായ അദ്രിയലിന് പ്രസവിച്ച അഞ്ചു പുത്രന്മാരെയും രാജാവ് പിടിച്ച് ഗിബയോന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവരെ മലയിൽ യഹോവയുടെ മുമ്പാകെ തൂക്കിക്കളഞ്ഞു അങ്ങനെ അവർ ഏഴുപേരും ഒരുമിച്ചു മരിച്ചു കൊയ്ത്തുകാലത്തിന്റെ ആദ്യ ദിവസങ്ങളായ യവക്കൊയ്ത്തിന്റെ ആരംഭത്തിലായിരുന്നു അവരെ കൊന്നത് അയ്യാവിന്റെ മകളായ റിസ്പ ചാക്കിയിലെടുത്ത് പാറമേൽ വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ ആകാശത്തുനിന്ന് അവരുടെ മേൽ മഴ പെയ്തതുവരെ പകൽ ആകാശത്തിലെ പക്ഷികളോ രാത്രി കാട്ടുമൃഗങ്ങളോ അവരെ തൊടുവാൻ സമ്മതിക്കാതിരുന്നു ശൌലിന്റെ വെപ്പാട്ടിയായി അയ്യാവിന്റെ മകളായ റിസ്പ ചെയ്തത് കേട്ടിട്ട് ദാവീദ് ചെന്ന് ഫെലിസ്തർ ഗിൽബോവയിൽ വെച്ച് ഷൌലിനെ കൊന്ന നാളി ബേത്ഷാൻ നഗരവീഥിയിൽ ഫെലിസ്തീർ തൂക്കിക്കളയുകയും ഗിലയാദിലെ യാബേഷ് പൗരന്മാർ അവിടെ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരികയും ചെയ്തിരുന്ന ശൌലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവരുടെ അടുക്കൽ നിന്ന് എടുത്തു അങ്ങനെയാവൻ ഷൗലിന്റെയും അവന്റെ മകൻ യോനാഥാന്റെയും അസ്ഥികളെ അവിടെ നിന്ന് വരുത്തി തൂക്കിക്കൊന്നവരുടെ അസ്ഥികളെയും അവർ പെറുക്കിയെടുത്തു ഷൗലിന്റെയും അവന്റെ മകൻ യോനഥാന്റെയും അസ്ഥികളെ അവർ ബെന്യാമിൻ ദേശത്ത് സേലയിൽ അവന്റെ അപ്പനായ കീശന്റെ കല്ലറയിൽ അടക്കം ചെയ്തു രാജാവ് കൽപ്പിച്ചതൊക്കെയും അവർ ചെയ്തു അതിന്റെ ദൈവം ദേശത്തിന്റെ പ്രാർത്ഥനയെ കേട്ടരുളി പെലിസ്തീർക്ക് ഇസ്രയേലിനോട് വീണ്ടും യുദ്ധമുണ്ടായി ദാവീദ് തന്റെ ഭൃത്യന്മാരുമായി ചെന്ന് പെലിസ്തേരോട് പടയേറ്റു ദാവീദ് തളർന്നുപോയി അപ്പോൾ മുന്നൂറ് ശേഖൽ തൂക്കമുള്ള താമ്രശൂലം ധരിച്ചവനും പുതിയ വാൾ അരയ്ക്ക് കെട്ടിയവനുമായി റാഫ മക്കളിൽ ഇഷ്ബി ബനോബ് എന്നൊരുവൻ ദാവീദിനെ കൊല്ലുവാൻ ഭാവിച്ചു എന്നാൽ സെരൂയയുടെ മകനായ അബിഷായി അവന് തുണയായി വന്ന് ഫെലിസ്തീനെ വെട്ടിക്കൊന്നു അപ്പോൾ ദാവിദിന്റെ പ്രത്യന്മാർ അവനോട് നീ ഇസ്രയേലിന്റെ ദീപം കെടുക്കാതിരിക്കേണ്ടതിന് മേലാൽ ഞങ്ങളോടു കൂടെ യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് സത്യം ചെയ്ത് പറഞ്ഞു അതിന്റെ ശേഷം ഗോപിൽ വച്ച് വീണ്ടും ഫെലിസ്തീനോട് യുദ്ധമുണ്ടായി അപ്പോൾ ഭൂശാത്യനായ സിബെഖായി മല്ലന്മാരുടെ മക്കളിൽ ഒരുത്തനായ സഫിനെ വെട്ടിക്കൊന്നു ഗോപിൽ വെച്ച് പിന്നെയും പെലിസ്തിരോട് യുദ്ധമുണ്ടായി അവിടെ വെച്ച് ബത്ലഹിമിനായ ഓരെഗിമിന്റെ മകൻ എൽഹാനാൻ ഗിത്യനായ ഗോല്യാത്തിനെ വെട്ടിക്കൊന്നു അവന്റെ കുന്തത്തണ്ട് നെയ്ത്തുകാരുടെ പടപ്പുതടി പോലെ ആയിരുന്നു പിന്നെയും ഗത്തിൽ വച്ച് യുദ്ധമുണ്ടായി അവിടെ ഒരു ദീർഘകായൻ ഉണ്ടായിരുന്നു അവന്റെ ഓരോ കൈക്ക് ആറാറ് വിരലും ഓരോ കാലിന് ആറാറ് വിരലും ആകെ ഇരുപത്തിനാല് വിരൽ ഉണ്ടായിരുന്നു ഇവനും രാഫയ്ക്ക് ജനിച്ചവനായിരുന്നു അവൻ ഇസ്രയേലിനെ ധിക്കരിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷിമയുടെ മകൻ യോനഥാൻ അവനെ കൊന്നുകളഞ്ഞു ഈ നാലു പേരും ഗത്തിൽ രാഫയ്ക്ക് ജനിച്ചവരായിരുന്നു അവർ ദാവീദിന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും കയ്യാൽ പട്ടുപോയി